ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെയും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഒരു വിഭാഗത്തെയും നിനക്ക് പൂർണമായി കീഴടങ്ങുന്ന മുസ്ലിങ്ങളാക്കയണമേ ഞങ്ങളുടെ കർമ്മരീതികൾ ഞങ്ങൾക്ക് കാണിച്ചു ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണമേ തീർച്ചയായും നീ തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു